തീർച്ചയായും ഞാൻ എൻറെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവുമായ അള്ളാഹു സുബഹാനഹുവറ്റ ആലയിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഏതൊരു ജീവിയെയും അവൻറെ മുൻകൈകളിൽ പിടിച്ചിരിക്കുന്നത് അവൻ തന്നെയാണ് തീർച്ചയായും എൻറെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു